ദൈവനാമത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ മത്തായി എഴുതിയ സുശേഷം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളാണല്ലോ ചിന്തിക്കുന്നത് ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയയ്ക്കുന്ന ഒരു രംഗമാണ് നമ്മളെ കാണുന്നത് ഇവിടെ യോഹന്നാനെക്കുറിച്ച് നമുക്ക് നേരത്തെയുള്ള യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് നമുക്ക് നേരത്തെയുള്ള ധാരണകളെയൊക്കെ അതിനെ തകിടം നിലയിലെ നിലയിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ ഒരു സംശയമുള്ളതുപോലാണ് താൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്നാണ് യോഹനാന് കാരാഗ്രഹത്തിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ അവിടേക്ക് അടുത്തേക്ക് പറഞ്ഞയച്ച് ചോദിക്കുന്നത് നമ്മളറിയണം മത്തായി എഴുതിയ സുവിശേഷം മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യമുണ്ടായതും പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേലെ ഇറങ്ങുന്നതും ഒക്കെ നേരിൽ കണ്ടവനാണ് ഈ യോഹന്യാ സ്നാപകൻ അപ്പോൾ ഒരു കാലത്ത് കർത്താവാണ് വരുവാനുള്ള മഷിഹ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായവൻ തന്നിൽ നിന്ന് തന്നിൽ നിന്ന് ആളുകളെ കർത്താവിങ്കിലേക്ക് പറഞ്ഞു വിട്ടവനാണ് യോഹനാപകൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് കർത്താവിങ്കിലേക്ക് തൻ്റെ ശിഷ്യരെ പറഞ്ഞു വിട്ടവനാണ് യോഹനാപകൻ യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് അങ്ങനെ ഒരു സമയത്ത് കർത്താവുമായിട്ട് കർത്താവിൻ്റെ ആ മഷിയഹായയാണെന്നും കർത്താവിൻ്റെ ദൈവപ്രവൃത്തിയിലുള്ള സ്ഥാനത്തെക്കുറിച്ചും ഇന്ന് തന്നെയല്ല ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ് ദൈവം പ്രസാദിച്ചവനാണ് എന്നൊക്കെ നേരിട്ട് കേട്ട് ആ നിലയിൽ ഉറപ്പുണ്ടായിരുന്ന യോഹന്നാൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഇപ്പോഴ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിന് വേണ്ടി നീ കാത്തിരിക്കണോ എന്ന് ചോദിക്കത്തക്കവണ്ണം നമ്മളെ നോക്കുമ്പോൾ യോഹനാസിന് അഭുവാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ച ഒരു അവസ്ഥയിലാണ് ആ കാര്യമാണ് തൻ്റെ ഈ ചോദ്യം പ്രകടമാക്കുന്നത് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് യോഹന്നാനങ്ങനെ പറഞ്ഞത് യോഹനാനെക്കുറിച്ച് യോഹനാ ശാപകനെ കുറിച്ച് കർത്താവിനും വലിയ മതിപ്പായിരുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ വ്യക്തിയെന്ന് യേശു സാക്ഷ്യപ്പെടുത്തിയവൻ അങ്ങനെയുള്ള ഈ യോഹന്നാന ഇപ്പോഴെന്താ സംഭവിച്ചത് നമ്മൾ ആ പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം അതായത് താൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ ക്രിസ്തു താൻ സ്നാനപ്പെടുത്തിയ യേശു അവൻ മസിയായാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഹേരോദാവിനെ നിഗ്രഹിച്ച് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാത്തത് എന്നൊക്കെയുള്ള സംശയം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കാം അതായത് തനിക്കെതിരെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിന്റെ മുൻപാകെ അവിടെ ദൈവഹിതം കണ്ടെത്തി ആ സാഹചര്യത്തിന് കീഴ്പ്പെടുത്താൻ യോഹന്വർ സ്നാപകന് കഴിഞ്ഞില്ല നമ്മളിത് പറയുമ്പോൾ യോഹന്വേഷ സ്നാപകനെ ഏതെങ്കിലും നിലയിൽ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് താൻ എന്തായിരുന്നു താന് പഴയ ഉടമ്പടിയുടെ ജീവിച്ചിരുന്ന ഒരാളാണ് പഴയ കാലഘട്ടത്തിൽ അപ്പോ പഴയ ഉടമ്പടിയിൽ ആ ദൈവത്തിൻ്റെ പറയുന്നത് ദൈവത്തിന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ മാത്രമാണ് പഴയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ പ്രസാദമായിട്ട് കണ്ടിരുന്നത് അതുകൊണ്ട് ആ പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോഹനാൻ സ്നാപകന് ആ ആത്മീയ കാര്യങ്ങളോടെ ഇന്ന് പുതിയ ഉടമ്പടിയിലുള്ള ആളുകൾ പുലർത്തുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ പോയതിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല അതുപോലെ തന്നെ നമുക്കിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നില്ല കർത്താവായ യേശു ഈ പറഞ്ഞതുപോലെ തന്നെ പല പീഡനങ്ങൾ അനുഭവിച്ചു പല വിധത്തിലുള്ള തൻ്റെ നേരെയും വന്നു അപ്പോഴൊന്നും കർത്താവ് എന്തു ഈ നിലയില് യോഹനാൻ സ്നാപകനെ പോലെ അല്ല പെരുമാറുന്നത് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി ആറിന്റെ അൻപത്തി മൂന്നാമത്തെ വാക്യമൊക്കെ നോക്കുക അവിടെ ഗസവനാത്തോട്ടത്തിൽ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആ റോമൻ പടയാളികൾ വന്നപ്പോൾ പത്രോസുമൊക്കെ വാളെടുത്ത് വാളെടുത്ത് വെട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ആ പോയ ആ ദാസൻ്റെ കാത് കർത്താവ് സൗഖ്യമാക്കി കൊടുത്തിട്ട് കർത്താവ് അവിടെ പറയുന്നു എനിക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് ലഘിയോയിലധികം ആ നിലയിലുള്ള ദൂതന്മാരെ എനിക്ക് സംരക്ഷണത്തിന് വേണമെങ്കിൽ വിളിക്കരുതോ പക്ഷെ ഭൗതികമായ ഒരു വിടുതലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന കർത്താവ് അവിടെ പറയുന്നു ഇതുപോലെ തന്നെ ഒന്നാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളായവർ അവരും കാരാഗ്രഹത്തിലൊക്കെ കിടക്കുമ്പോൾ ഈ യോഹനാപകനെ പോലെ എന്തുകൊണ്ട് ദൈവം ഈ അധികാരികളെ നിഗ്രഹിച്ച് തങ്ങളെ മോചിപ്പിക്കുന്നില്ല എന്നുള്ള മട്ടിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നില്ല നമുക്ക് അപ്പോൾ സിലമ്പർത്തി പതിനാറാമധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യമൊക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ പൗലോസും ശൈലാസും എന്താ പൗലോസി ശീലാസും കാരാഗ്രഹത്തിലാണ് പക്ഷെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവർ തങ്ങളെ എന്തുകൊണ്ട് ദൈവം വിടുവിക്കുന്നില്ല ദൈവം എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു മോചനം നൽകാത്തത് ചിന്തിച്ച് അവരെ വിശ്വാസത്തിൽ യോഹനാ സ്നാപകനെ പോലെ ക്ഷീണിക്കുന്നില്ല കാരണം അവരെന്താ അവരെ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ ഇത് നമുക്ക് തരുന്ന ഒരു നമുക്ക് തരുന്ന ആ നിലയിലുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ നിലയിലുള്ള ഒരു പ്രബോധനമോ എന്താ നമ്മളും യോഹനാപകന്റെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് മറിച്ച് നമ്മൾ ഇന്ന് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പന്ത്രണ്ട് ലഘുവിലധികം ദൂതന്മാരെ വേണമെങ്കിൽ നിർത്താം ഒരു ലഘിയോ എന്ന് പറയുന്നത് ആറായിരം പേരടങ്ങുന്നതാണ് ഒരു ദൂതൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ സംഹരിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെയുണ്ടെങ്കിൽ ആറായിരം ദൂതന്മാർ ഒരു ലഗിയോൻ പന്ത്രണ്ട് ലഗിയോൻ എന്ന് പറയുമ്പോൾ എഴുപത്തി ഇരായിരത്തിൽപ്പരം എഴുപത്തി ഇരായിരത്തോളം ആ നിലയിലുള്ള ദൂതന്മാർ അവരുടെ ശക്തി എത്ര വലുതായിരിക്കും പക്ഷെ ആ ദൂതന്മാരെ ഒന്നും കർത്താവ് വിളിക്കാനായിട്ട് തയ്യാറാകുന്നില്ല മറിച്ച് ഇത് എൻ്റെ പിതാവിൻ്റെ ഹിതമാണ് എന്ന കർത്താവ് കണ്ട് ആ സാഹചര്യത്തിൽ തൃപ്തനായിട്ട് നിന്നു പൗലോസും ശീലാസും അതുപോലെ തന്നെ ദൈവം എന്തുകൊണ്ട് തങ്ങളെ വിടുവിക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിരുത്സാഹപ്പെട്ടും നിരാശരായും പോകാതെ അവർ അർദ്ധരാത്രിയിൽ എന്തു ചെയ്തു അവരെ പാടി സ്തുതിച്ചു പാടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചും നമ്മളും ഇന്ന് പുതിയ ഉടമ്പടിയുടെ ആളുകളായതിനാൽ നമ്മൾ ആ ഒരു വിടുതലോ അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹമോ അല്ല നമ്മൾ നോക്കേണ്ടത് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഹിതം ഈ കാര്യത്തിൽ എന്താണോ അത് നടന്നാൽ എന്നുള്ള നിലയിൽ നമ്മൾ ദൈവസന്നിധിയിലെ പൗലോസിനെയും ശീലാസിനെയും പോലെ നമ്മളാക്കിയിരിക്കുന്നിടത്ത് തൃപ്തരായി നിൽക്കുകയാണ് വേണ്ടത് എന്നൊരു പ്രബോധനം നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നെടുക്കാം കർത്താവ് തന്നെ ആ കാര്യം പതിനൊന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ടല്ലോ പതിനൊന്നിൻ്റെ മൃതായി പതിനൊന്നിൻ്റെ പതിനൊന്ന് കാണുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്യ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല ശരിയാണ് പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാവനായിരുന്നു എന്നാൽ ആ പതിനൊന്നിൻ്റെ പതിനൊന്നിൻ്റെ പതിനൊന്നാമത്തെ വചനം തുടർന്നുള്ളത് ശ്രദ്ധിക്കുക സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും നമ്മൾ ഇന്ന് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലാണ് യോഹനാൻ തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലം ആ കാലം കഴിഞ്ഞു നമ്മളിന്ന് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിലെ ഈ കാര്യം വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ പതിനാറിൻ്റെ പതിനാറാമത്തെ വാക്യം ന്യായ പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെയുള്ള ആ പഴയ ഉടമ്പടി കാലഘട്ടമായിരുന്നു ന്യായ പ്രവാചകന്മാരുടെയും കാലം അന്നു മുതൽ അതിനുശേഷം അന്നുമുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു എന്നാണ് ലൂക്കോസ് പതിനാറ് പതിനാറ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ യോഹന സ്നാപകന്റെ കാലം വരെ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെയും കാലമായിരുന്നു അത് കഴിഞ്ഞ് ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു നമ്മളെ മത്തായി പതിനൊന്നിൻ്റെ പതിനൊന്നിലേക്ക് വരുമ്പോ അവിടെ കാണുന്നു ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ മത്തായി ദൈവരാജ്യം എന്നുള്ളതിന് സ്വർഗരാജ്യം എന്ന പ്രയോഗമാണല്ലോ താൻ സ്വീകരിക്കുന്നത് നമുക്കിങ്ങനെ പറയാം സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ നമ്മളാണ് ഒരുപക്ഷെ ഏറ്റവും ചെറിയവൻ എന്നിരിക്കട്ടെ അങ്ങനെയുള്ള നമ്മൾ ഏറ്റവും ചെറിയവനാണെങ്കിലും നമ്മൾ എന്തോ വേണം എന്താണ് യോഹനാനേക്കാൾ വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ യോഹന്യാൻ സ്നാപകനെയല്ല ഈ കാര്യത്തിൽ മാതൃകയാക്കേണ്ടത് നമുക്ക് ഇന്ന് കർത്താവായി യേശുക്രിസ്തുവിനെയും അല്ലെങ്കിൽ പൗലോസിനെയും ശീലാസിനെയും ഒക്കെയാണ് ഇന്ന് നമ്മൾ മാതൃകയാക്കേണ്ടത് യോഹന്യാൻ സ്നാപകനേക്കാൾ രണ്ട് കാര്യങ്ങളിലെങ്കിലും നമ്മൾ നമുക്ക് ചില മെച്ചങ്ങളുണ്ട് എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ് ഈ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും ചെറിയവൻ പോലും എന്താ പഴയ ഉടമ്പടിയുടെ കാലത്തുള്ള യോഹന സ്നാപകനേക്കാൾ വലിയവനാണ് അവന് പുതിയ ഉടമ്പടിയുടെ ഒരു ആത്മാവിൽ ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ പരിശുദ്ധാൽമാവ് നമുക്കിന്ന് സഹായത്തിനുള്ളതുപോലെ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പോലെ സകല വഴി നടത്തുന്നത് അന്ന് പഴയ നിയമഭക്തന്മാർക്ക് അത് ലഭ്യമായിരുന്നില്ല നമുക്കറിയാമല്ലോ നമ്മൾ പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലും ചിലർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോൾ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്ന് ശിംഷോൺ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഏ ഏലിശ പരിശുദ്ധാൽമാവ് ഏലിയാവിൻ്റെ മേലുള്ളതിൻ്റെ ഇരട്ടിപ്പങ്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഉടനെ ഏലിയാവിൻ്റെ പുതപ്പ് വീണു ആ പുതപ്പ് കൊണ്ട് അടിച്ച് ആ നദിയെ രണ്ടായിട്ട് പിളർന്ന് താന് അതിലൂടെ യാത്ര ചെയ്തു വരുന്നു അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഏലിശായ്ക്കാകട്ടെ ശിംഷോനാകട്ടെ ഒക്കെ പരിശുദ്ധാൽമാവിൻ്റെ സഹായം ഉണ്ടായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ ചിലരെ ചിന്തിച്ചേക്കാം എന്നാൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയായിരുന്നു ചെയ്തിരുന്നത് ഏഹ് ന്യായാധീപ പുസ്തകം പതിനാലിൻ്റെ ആറ് നോക്കുക ശിംശോൻ്റെ മേൽ അവൻ്റെ മേൽ പരിശുദ്ധാൽ മാവ് വന്നു അപ്പോഴവനൊരു അത്ഭുതം കാണിച്ചു ആറ് പതിനാലിൻ്റെ ഒൻ പത്തൊൻപത് പതിനഞ്ചിൻ്റെ പതിനാല് ഈ ഭാഗങ്ങളൊക്കെ ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഏലിശ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചാൽ ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ അപ്പോ പരിശുദ്ധാത്മാവ് പഴയ നിയമഭക്തന്മാരായ ചിലരുടെ മേൽ വന്നെങ്കിലും അതവരുടെ ആ അവരുടെ ഉള്ളിലല്ല വന്നത് അവരെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശക്തരാക്കാൻ വേണ്ടി അവരുടെ മേൽ വന്നു ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ആ പരിശുദ്ധാൽമാവ് ചിലപ്പോൾ അവരെ വിട്ടുപോയി ശിംശുൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ നീ ജീവിക്കുന്ന ഏറ്റവും ചെറിയ ആളിനുപോലും പരിശുദ്ധാത്മാവിന്ന് എന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ വാസം ചെയ്യുന്നു പഴയ നിയമഭക്തന്മാരിൽ ചിലർക്ക് ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടി അന്നേരം വന്ന് അവരെ ശക്തീകരിച്ച് മടങ്ങിപ്പോകുന്നത് പോലെയല്ല ഇന്ന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യത്തിലെ ചെറിയവൻ പോലും യോഹനാനേക്കാൾ വലിയവനാണ് പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിൻ്റെയും ഒക്കെ കാലം യോഹനാൻ സ്നാപകൻ വരെ മാത്രമായിരുന്നു അതിനു ശേഷമുള്ളവരെ ചെയ്യുന്നു അതിനു ശേഷമുള്ളവർ പുതിയ ഉടമ്പടിയുടെ കാലത്താണ് എന്ന് മാത്രമല്ല നമ്മൾ ലൂക്കോസിൽ പതിനാറിൻ്റെ പതിനാറിൽ വായിച്ചതുപോലെ തന്നെ ബലാൽക്കാരികളെക്കുറിച്ച് ഇവിടെ ഇതാ പതിനൊന്നിൻ്റെ പന്ത്രണ്ടിലും പറയുന്നു യോഹന്യാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ ാരം ചെയ്യുന്നു ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും നിലയിലെ വലിയ ബലാത്കാരം നടത്തണമെന്നാണോ ഉവ നമ്മള് ഒരു ബലാത്കാരം നടത്തണം പക്ഷെ അത് ബാഹ്യമായ ഒരു ബലാത്കാരമല്ല ബാഹ്യമായി നമ്മളൊക്കെ എന്താ പുതിയ ഉടമ്പടിയിലുള്ളവർ നിറവുള്ളവർ ഏർ കർത്താവിനെ അനുഗമിക്കുന്നവർ നമ്മളെ വളരെ സമാധാനത്തിന്റെ ആളുകളാണ് നമ്മളെ ആളുകൾ ഉപദ്രവിച്ചാലും കർത്താവിനെ പോലെ നമ്മളും അതിൻ്റെ മുമ്പാകെ ഭീഷണം പറയാതെ നിശബ്ദം സഹിച്ച് അവന്റെ മാതൃക പിൻപറ്റുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ബാഹ്യമായിട്ട് നമുക്കൊരു ബലാത്കാരമില്ല എന്നാൽ ആന്തരികമായിട്ട് നമ്മൾ എന്തായിരിക്കണം ബലാത്കാരികളായിരിക്കണം സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നവരായിരിക്കണം ഇവിടെ ഇതാ മത്തായി പതിനൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു യോഹനശ്നാപന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടത് നമുക്ക് ദൈവജനത്തിൽ കാണുന്ന ഏർ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് കാണുമ്പോഴും അതൊക്കെയും ആ മറ്റു പലർക്കും മതി ഞാൻ എങ്ങനെങ്കിലും രക്ഷിക്കപ്പെട്ടു ഞാൻ സ്വർഗത്തിൽ പോയി ഞാൻ സ്നാനപ്പെട്ടു അല്ലെ സഭയിലൊരംഗമാണ് എന്ന് പറഞ്ഞൊരു മിനിമം കോമൺ പ്രോഗ്രാം കൊണ്ട് തൃപ്തിപ്പെടുന്നവരാകരുത് മറിച്ച് എന്തു വേണം ദൈവവചനത്തിൽ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളും ഞാനെ കൈയാളണം എനിക്കത് നേടണം കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നൊരു കാര്യം കാണുന്നു ഓ അത് ചിലർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ ഒരു ബലാൽക്കാരിയുടെ ആത്മാവോടെ അതെ കർത്താവ് എനിക്ക് മുന്നോടിയായിട്ട് വന്നു അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ എനിക്കൊക്കെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം കർത്താവ് നടന്നതുപോലെ എനിക്ക് നടക്കാൻ കഴിയണം അതിനായിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത് ഒന്നിയോഹൻ രണ്ടിൻ്റെ ആറില് നമ്മളങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ആ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ആ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഓ കർത്താവ് നടന്നതുപോലെ ആർക്കാ നടക്കാൻ ഒക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അത് പറ്റുകയില്ല എന്ന് പറയുകയല്ല ഒരു ബലാൽക്കാരി ചെയ്യുന്നത് മറിച്ച് ഒരു ബലാൽക്കാരി എന്താ ദൈവവചനത്തിൽ ഒരു സത്യം കാണുമ്പോൾ അത് ഓ കർത്താവ് നടന്നതുപോലെ നടക്കാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എനിക്കത് യാഥാർത്ഥ്യമാകണം അതിനായിട്ടൊരാഗ്രഹവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടലും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതാണ് സ്നാഭകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ മുമ്പേ വായിച്ച ലൂക്കോസ് പതിനാറ് പതിനാറിലും ഈ ബലാത്കാരത്തെക്കുറിച്ച് അതിനോട് ചേർത്താൽ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവർ നമുക്ക് മറ്റായി എഴുതിയ സുശേഷം പതിനൊന്നാം തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു വാക്യം ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളാണ് പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുമുണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും കണ്ടോ നമ്മൾ മുമ്പേ ഒന്നിയോഹന്നാൻ രണ്ടിൻ്റെ ആറിൽ പറഞ്ഞതുപോലെ കർത്താവ് നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് തന്നെ നമ്മളെ ഇതാ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളെ എന്തു ചെയ്യണം എന്നിൽ നിന്ന് പഠിക്കണം കർത്താവ് വിളിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെയാണ് എന്നുവെച്ചാൽ ഓ നമ്മളെ കൊണ്ട് ഇത് കഴിയില്ല നമുക്ക് ഈ കാര്യത്തിൽ വലിയൊരു അധ്വാനവും ഭാരവും ആരെന്നെ സഹായിക്കും എന്നുള്ള നിലയിൽ ഈ ഈ കാര്യങ്ങളിൽ സ്വന്ത ശക്തിയിൽ ഊന്നാതെ ദൈവത്തിനായിട്ടൊരു നിലവിളി എന്നെ ആര് സഹായിക്കും എന്നൊരു നിലവിളിയുള്ളവരെ കർത്താവ് വിളിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും നിങ്ങളെൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളെന്നിൽ നിന്ന് പഠിപ്പീൻ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും നമ്മൾ ഈ വാക്യമൊക്കെ വളരെ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ കണ്ടോ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും കർത്താവിൽ നിന്ന് നമ്മൾ താഴ്മയും സൗമ്യതയും പഠിക്കണം കർത്താവ് നമ്മൾ ഈ കാര്യങ്ങളെ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ് കർത്താവ് ഹൃദയത്തിൽ താഴ്മയുള്ളവനായിരുന്നു അതുകൊണ്ട് തൻ്റെ പെരുമാറ്റത്തിൽ സൗമ്യതയുള്ളവനായി ആയി തനിക്ക് പെരുമാറാൻ കഴിഞ്ഞു താൻ ജീവിതത്തിൽ ഒരു നുറുക്കം അറിയുന്നവനായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ ഓ തന്നെ തനിക്കെതിരെ പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ മുമ്പിൽ ഒരു തകർന്നവനായിട്ട് ആ സൗമ്യത ഉള്ളിലുള്ള തകർച്ചയുടെ ബെഹ്റ സ്ഫുരണമാണ് ആ സൗമ്യത ുള്ളിലുള്ള താഴ്മ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നതാണ് സൗമ്യത നമ്മളോടും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനെ പോലെ ഉള്ളിൽ താഴ്മയും പെരുമാറ്റത്തിൽ സൗമ്യതയും ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്തു അവിടെ കർത്താവ് പറയുന്നു നിങ്ങൾ ആശ്വാസം കണ്ടെത്തും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും രണ്ട് പ്രയോഗങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും അധ്വാനിക്കുകയും പാര ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെ ഞാൻ ആശ്വസിപ്പിക്കാം എന്നാൽ കർത്താവ് ആശ്വസിപ്പിച്ച് കഴിഞ്ഞ് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ എന്താ അവന്റെ മുഖമേറ്റുകൊണ്ട് താഴ്മയും സൗമ്യതയും ഉള്ളവരായിട്ട് നമ്മൾ ഓരോ രംഗങ്ങളിലും ആ നിലയിൽ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും അപ്പൊ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും അതൊരു വശം മറുവശത്ത് നമ്മൾ തന്നെ ആ വഴിയിൽ താഴ്മയുടെയും സൗമ്യതയുടെയും വഴിയിൽ നടന്നുകൊണ്ട് ആശ്വാസം കണ്ടെത്തുന്നവരായിരിക്കണം പറയാറുണ്ടല്ലോ ക്രിസ്തീയ ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട് നമുക്ക് ഇടത്തേ കയ്യും വലത്തേ കയ്യും ഉള്ളതുപോലെ വളരെ ബാലൻസ്ഡാണ് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും ഈ വഴി നമുക്ക് കാണിച്ചു തരും തൻ്റെ മാതൃക താൻ ചൂണ്ടി കാണിക്കും ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാണ് എന്നോട് എൻ്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പി ആശ്വസിപ്പിക്കും ഈ വഴി കാണിച്ചു തരും എന്നാൽ അവിടെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ വഴിയിൽ നടന്നുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തേണ്ടത് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമടി ലഘുവുമാകുന്നു ഈ വഴിയിൽ നടക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മൊത്തമായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരു ആശ്വാസത്തെക്കുറിച്ച് സ്വസ്ഥതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ശബത്തനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞ് ആ പതിനൊന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്ന് പരീക്ഷന്മാരും യഹൂദന്മാരും ആചരിച്ചിരുന്ന ശപത്തിനെ കർത്താവ് അക്ഷരാർത്ഥത്തിൽ അതിനെ ആ നിലയിൽ ആചരിക്കാതെ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും അത് പരീശന്മാരെ ചൊടിപ്പിക്കുന്നതും ഒക്കെയാണ് നമ്മളവിടെ കാണുന്നത് അവിടെ ശപത്ത് ദിവസത്തില് ശിഷ്യന്മാർക്ക് അതിർ പറിച്ചു പരീശന്മാർ അത് കണ്ടിട്ട് ശബത്തിൽ വിഹിതമില്ലാത്തതിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് ഉടനെ ഉടനെ ദാവീദ് പണ്ട് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രം കഴിപ്പാൻ ആ നിലയിൽ കണക്കാക്കിയിരുന്ന കാഴ്ചയപ്പം തിന്ന കാര്യമൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഏ വലിയ കാര്യമാണ് യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യപുത്രൻ ശവത്തിനും കർത്താവകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർ ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ശപത്തിലെ തുടർന്ന് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം മുതലേ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു പക്ഷേ കർത്താവ് അന്ന് ശപത്തായിട്ടും അവനെ സൗഖ്യമാക്കി അതും പരീശന്മാരെ ചൊടിപ്പിച്ചു അത് പിന്നീട് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ കർത്താവ് നോക്കുക കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു കണ്ടോ കുരുും ഊമനുമാണ് വർത്തമാനം പറയാനും വയ്യ കണ്ണു കാണാനും വയ്യ അങ്ങനെ ഒരുവനെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയപ്പോഴും ഈ പരീശന്മാരെന്താ പരീശന്മാരെ കർത്താവിനെ അംഗീകരിക്കുകയല്ല ചെയ്തത് നേരത്തെ ഇവൻ ശബത്തിനെ ലംഘിച്ചു എന്നതിൻ്റെ ആ നിലയിലുള്ള വൈരാഗ്യം ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പരീശന്മാരെ എന്തു ചെയ്യുന്നു ഇവിടെ എന്ത് പറയുന്നു ഇവൻ ഭൂതങ്ങളുടെ തലവനായ മേൽസു കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് ബെയിൽസുബലിനെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെതിരെ സംസാരിക്കുന്നു കർത്താവിൻ്റെ കർത്താവ് അവരോടൊക്കെ ക്ഷമയോടെ പെരുമാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ പഴയ നിയമത്തിലാണെങ്കിൽ നമുക്കറിയാം പഴയ ഉടമ്പടിയിൽ പലർക്കെതിരെ മോശയ്ക്കെതിരെ ഉദാഹരണത്തിന് ഏർ സംഖ്യാപുസ്തകം പന്ത്രണ്ടാമത്തെ ആയി നോക്കുക മോശക്കെതിരെ മിരിയാം ചില കാര്യം പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അവളെ ഉടനെ തന്നെ കുഷ്ഠരോഗിയായിത്തീർന്നു കുഷ്ഠരോഹിണിയായി തീർന്നു ഇവിടെയോ ഇവിടെ കർത്താവിനെ ഇതുപോലെ ആക്ഷേപിപ്പാനില്ല കർത്താവ് നല്ലതേ ചെയ്തുള്ളൂ ശപത്തിലാണെങ്കിലും കൈവരണ്ടുള്ള മനുഷ്യനെ സൗഖ്യമാക്കി അല്ലെങ്കിൽ ഊമനും കുരുടനുമായ ഭൂതകരിസ്തനെ സൗഖ്യമാക്കി അങ്ങനെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് പക്ഷെ പരീഷന്മാർ അവനെ എന്ത് ചെയ്യുന്നു അവനെ ബെയിൽ സുബൂലിനെ കൊണ്ടാണ് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് തള്ളിക്കള കളഞ്ഞപ്പോൾ പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ മോശയ്ക്കെതിരെ ഒരു വാക്കു പറഞ്ഞ മിരിയാമിനെ ദൈവം ഇവിടെ എന്താ കർത്താവ് കർത്താവ് പുതിയ ഉടമ്പടിയുടെ ആ സന്ദേശവാഹകനായിട്ടാണ് കർത്താവ് വന്നത് അതുകൊണ്ട് കർത്താവ് എന്താ ആ പഴയ ഉടമ്പടിയുടെ രീതിയിൽ ഒരു പ്രതികാരം ചെയ്യുന്നില്ല കർത്താവ് അവരോട് ക്ഷമിക്കുന്നു അല്ലാതെ അവരെ ഉടനെ തന്നെ ഈ ഇങ്ങനെ പറഞ്ഞ പരീശന്മാരെ കുഷ്ഠരോഗികളാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുത്തുകയോ ഒന്നും കർത്താവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണത് പുതിയ ഉടമ്പടിയുടെ കാലത്ത് ഏർ നമ്മളെ എബ്രാഹർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് എബ്രാഹർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ അടുത്തേക്കല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തം എന്ത് ചെയ്തു ഉൽപ്പത്തി പുസ്തകം നാലാമത്തെയായോ അതിൻ്റെ പത്താമത്തെ വാക്യം നമുക്കറിയാം ഹാബേലിനെ കൈയിൽ കൊന്നപ്പോ ദൈവം പിന്നീട് കൈയിനോട് പറയുന്നു നിന്റെ അനുജന്റെ രക്തം ആ എന്നോടാ നിലവിളിക്കുന്നു ഹേലിന്റെ രക്തം എന്തിനു വേണ്ടിയാ നിലവിളിച്ചത് പ്രതികാരത്തിന് വേണ്ടിയാ എന്നാൽ കർത്താവായി യേശുവിൻ്റെ രക്തം പ്രതികാരത്തിന് നിലവിളിക്കുന്നത് മറിച്ച് എന്താ ദൈവമേ അവരോട് ക്ഷമിക്കണേ ക്ഷമിക്കണേ അവരറിയാതെ ചെയ്യുന്നതാണ് ക്രൂശിൽ കടന്ന് താൻ പറഞ്ഞ അതേ ആ മനോഭാവമാണ് യേശുവിൻ്റെ രക്തം ഇന്നും പിതാവിൻ്റെ അടുക്കൽ തന്നെയും ക്രിസ്തീയതയ്ക്കും എതിരെയൊക്കെ ഭീഷണിയും ഉപദ്രവങ്ങളുമായിട്ട് വരുന്നവർക്ക് ആ നിലയിലുള്ള ആ രക്തം പക്ഷപാതം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഹാബേലിൻ്റെ രക്തത്തെ പോലെ പ്രതികാരത്തിനായിട്ടുള്ള അപേക്ഷയല്ല മറിച്ച് അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയാണ് കർത്താവിൻ്റെ രക്തം ഇന്ന് നടത്തുന്നത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ പങ്കാളികളായ നമ്മളും ആ ഒരു മനോഭാവമാണ് സൂക്ഷിക്കേണ്ടത് നമ്മളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരുടെ നേരെ അല്ലെങ്കിൽ നമ്മളെയും ബെയിൽസ് ബോലെന്ന് വിളിക്കുകയോ നമ്മളെയും ദുരുപദേശക്കാരെന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ നേരെ നമ്മൾ തെറ്റായ ഒരു മനോഭാവം സൂക്ഷിക്കാതെ കർത്താവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണ കാര്യം ആ ബെയിലിൻ്റെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ അടുക്കലാണ് നമ്മൾ നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷി സ്റ്റേഫാനോസും ഈ മനോഭാവമാണ് പങ്കിട്ടത് തന്നെ ഉപദ്രവിച്ച ആളുകളോട് അവരോട് കർത്താവെ പിതാവേ ഈ പാപം അവർക്ക് അവരുടെ പേരിൽ കണക്കിടരുതേ എന്നാണ് താൻ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഇന്ന് ആ നിലയിലായിരിക്കണം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തേഴോ വാക്യങ്ങൾ നോക്കുക അവിടെ മറ്റൊരു കാര്യമാണ് നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും എന്തു എന്തു ചെയ്യും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നാം ഈ കാര്യം വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കുകളിൽ കൂടുതൽ സൂക്ഷ്മത എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്നു നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും കണ്ടോ ഇവിടെയും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് മുകളിൽ നമ്മൾ പറഞ്ഞു എന്താണ് കർത്താവിൻ്റെ രക്തം നമ്മുടെ ആ നിലയിലുള്ള പാപത്തിന് പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്ന് ഉള്ള ഒരു വശം പറഞ്ഞപ്പോൾ മറുവശത്ത് നമ്മൾ തന്നെ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ഗൗരവമുള്ളവരാകണം എന്നുള്ള അതിൻ്റെ മറുവശം കൂടെ ഇവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഉടമ്പടിയുടെ ഈ സന്ദേശങ്ങളെല്ലാം വളരെ ബാലൻസ്ഡ് ആണ് കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും അപ്പം തന്നെ നമ്മളും എന്ത് വേണം നമ്മളും നമ്മുടേതായ നിലയിൽ ചില കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം നമ്മൾ റോമർക്കെഴുതി ലേഖനം നാലാം അധ്യായം പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ് എന്നാൽ യാക്കോബ് രണ്ടാമധ്യായം പറയുന്നത് എന്താ പ്രവൃത്തിയാലുള്ള നീതീകരണം രണ്ടും വേണം വിശ്വാസത്താൽ നിരീകരിക്കപ്പെടുന്നു അപ്പം തന്നെ പ്രവൃത്തിയും ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളവരായിട്ട് നമ്മളായിരിക്കണം നമുക്കറിയാമല്ലോ ഇപ്പം എന്തൊക്കെ നാളിൽ അഗ്നി വന്നത് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലോകമനുഷ്യരെ പോലെയല്ല നാം നമ്മുടെ നാവുകളെ ഉപയോഗിക്കേണ്ടത് അഗ്നി ആളുകളുടെ മേൽ പതിഞ്ഞു എന്ന അപ്പോസിലെ പ്രവൃത്തി രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുള്ളതുകൊണ്ട് നമുക്കെതിരെ ഭീഷണം പറയുന്നവർ നമുക്കെതിരെ ആ നിലയിൽ മോശമായി പറയുന്നവർ അവരോട് അതേ നിലയിലല്ല പെരുമാറേണ്ടത് മറിച്ച് നമ്മൾ വാക്കുകൾ സൂക്ഷിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം കർത്താവിനെ കുറിച്ച് പറയുന്ന ആ പഴയ നിയമത്തിൽ യശയാവ് പറഞ്ഞ പ്രവചനത്തിൽ നിന്നുള്ള ഒരു വാക്യം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു അവിടെ എന്താ പറയുന്നത് ചതഞ്ഞോടെ അവൻ ഒടിച്ച് കളയുകയില്ല പുകയിന്ന് തിരികെടുത്തി കർത്താവ് ഇന്ന് തൻ്റെ മക്കളായ നമ്മളോട് കർത്താവിൻ്റെ ഒരു പെരുമാറ്റ രീതിയെ നമുക്കിവിടെ കാണാം നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടും ഞാൻ ഇന്നും ഒരു ചതഞ്ഞ് ഓടയെപ്പോലെ ആയിരിക്കുന്നല്ലോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു പുകയുന്ന തിരിയെപ്പോലെ ആയിരിക്കുന്നല്ലോ എന്നാരെങ്കിലും ഒരു കുറ്റബോധത്തിലോ നിരാശയിലോ ആണെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് ധൈര്യം തരട്ടെ കർത്താവ് എന്ത് ചെയ്യയില്ല ഇത് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടമാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്നുണ്ട് അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യേല നമ്മളെ ആ നമ്മുടെ ജീവിതത്തിലെ ചതഞ്ഞ് ഓടയെപ്പോലെയും പുകയെന്ന് തിരിയെപ്പോലെയുമാണ് നമ്മുടെ അവസ്ഥയെങ്കിലും കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ നമ്മളെ നന്നാക്കിയെടുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു ആ ഒരു പ്രവർത്തന വിധമാണ് കൃപയുടെ കാലഘട്ടത്തിൽ കർത്താവ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമുള്ളവരായിട്ടായിരിക്കാം നമുക്ക് നമ്മളെ തന്നെ നോക്കുമ്പോൾ ഇത്രയും വചനങ്ങളൊക്കെ കേട്ടിട്ടും നമുക്ക് വേണ്ടതുപോലെ ആകാൻ പറ്റിയിട്ടില്ല ചതഞ്ഞ് ഓടയെപ്പോലെയും പുകയുന്ന തിരിയെ പോലെയും ആണ് എന്നുള്ള കുറ്റോധത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു നിരാശയിൽ പിശാജാരെയെങ്കിലും എത്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ ഈ ചിന്തകൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മളെ അറിയാം അവിടുന്ന് നമ്മളെ തള്ളിക്കളയുകയില്ല കർത്താവ് പറയുന്നു ചതഞ്ഞ് ഓട ഞാൻ ഒടിച്ച് കളയുകയില്ല തിരി കെടുത്തി കളയുകയില്ല പക്ഷെ എന്നും ചതഞ്ഞും എന്നും പുകഞ്ഞു ഇരിക്കാനാണോ അല്ല കർത്താവ് നമ്മളെ തൻ്റെ പരിശുദ്ധാത്മാവിനാല് മെച്ചപ്പെടുത്തി നമ്മളെ മുന്നോട്ട് നടത്തും താൻ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ്റെ കരങ്ങൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കാം അവന് കീഴടങ്ങാം കർത്താവ് നമ്മളൊരു പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് തികക്കും എന്നുള്ള വലിയ പ്രത്യാശയോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്കായി